വലിയ ഹജ്ജിന്റെ ദിവസം ജനങ്ങളിലേക്കുള്ള അള്ളാഹുസുബഹാനുഹുവത്തായാലായുടേയും അവന്റെ റസൂലിന്റെയും അറിയിപ്പാണിത് അള്ളാഹുസുബഹാനുഹുവത്തായാലയും അവൻറെ റസൂലും ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും എന്നാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്കള്ളാഹുസുബഹാനുഹുവത്തായാലായെ അതിജയിക്കാനാവില്ലെന്ന് മനസ്സിലാക്കുക സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് നീ സന്തോഷവാർത്ത അറിയിക്കുക